അയമർ സത്യം പ്രത്യേകാത്മാ സ്വയം പ്രകാശ്വാദ വിഷയം അനശ്ചി അനുഭൂലവനോഭവി അഭിോന്നിഭോക്തയോസ് പ്രത്യയ വിഷയോ ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല അതിന്റെ ആവശ്യം മറ്റന്നുകൊണ്ട് അതിൽ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല സജാതീയമായ ഒരു പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കേണ്ട ഒന്നല്ല അതുകൊണ്ട് അത് അവിഷയമാണ് അനംശസ്ത ഉടസ്ഥ നിത്യമാണ് അതിൽ അംശങ്ങളില്ല തഥാപിയെങ്കിലും അനുവചനീയ അനാദ്യ അവിദ്യാപരികൽപിത അനുവജനീയമായ അനാദിയായിരിക്കുന്ന അവിദ്യ കൊണ്ട് കല്പിതമായ ബുദ്ധി ചനീയമായ അനാദി എന്ന് പറയുമ്പോൾ പൂർവ്വപൂർവ്വം ജന്മങ്ങളിലും ഉണ്ടായിരുന്നു ഈ അവിദ്യ അപ്പോ ഇത് പൂർവ്വ ജന്മങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ ജന്മം അങ്ങനെയുള്ള കല്പിതമായ ബുദ്ധി മന സൂക്ഷ്മ സ്ഥൂല ശരീര ബുദ്ധി അവിദ്യ കൊണ്ട് കൽപ്പിതമായ ബുദ്ധി മനസ് സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മഭൂതങ്ങൾ സ്ഥൂല ശരീരം എന്ന് പറയുന്ന കാണുന്ന സ്ഥൂല ശരീരം ഇന്ദ്രിയമെന്ന് പറയുന്നുണ്ട് ബാക്കി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഇന്ദ്രിയ അവച്ഛേദേന ഈ ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധിയുണ്ട് അവച്ഛേദം ഒന്നിച്ച് ഉപാധി അനവിച്ഛിന്നോഭി വാസ്തവത്തിൽ ഉപാധികൊണ്ട് പരിമിതപ്പെടുന്നില്ലെങ്കിലും ആത്മാവ് വസ്തുതോ അവിഛന്ന ശരിക്കും ഉപാധികളെ കൊണ്ട് പരിമിതമായതുപോലെ ഉപാധികളെ കൊണ്ട് പരിമിതമാകാന്ന് വെച്ചാൽ ഞാനെന്നറിയുന്നു എന്റേതെന്നറിയുന്നു ഇതാണ് ഉപാധികളെ കൊണ്ടുള്ള പരിമിതപ്പെടൽ അഭിന്നോവിന്ന ഇവ വാസവതീയതി ഏകമാണ് ഈ പ്രത്യേകാത്മാവ് പക്ഷെ ഞാൻ വേറെ നീ വേറെ അഭിന്നമാണെങ്കിലും ഭിന്നം പോലെ അകർത്താവിൽ കർത്തായും വാസ്തവത്തിൻ്റെ ഇത് കർമ്മം ചെയ്യുകയും ഫലം അനുഭവിക്കുന്നതിനുമല്ല എങ്കിലും അകർത്താവാണെങ്കിലും കർത്താവെന്നതുപോലെ അഭോക്താവിൽ ഭോക്തായും സ്വയം കർമ്മം ചെയ്യുക എന്നിട്ട് ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക അതൊന്നും അവിടെയില്ല അഭോക്താവിൽ ഭോക്താവ് ഈ കർത്താവിനെയും ഭോക്താവിനെയും ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വൈദിക കർമ്മങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ആത്മാവിനെ കുറിച്ച് ബോധങ്ങളാണ് ആത്മാവിനെ കർത്താവല്ല ഭോക്താവല്ല എന്ന് പറയുന്നത് അവൻ കർമ്മങ്ങൾ വൈദികമായ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനായിട്ട് നമ്മൾ പ്രാധാന്യം ഇതൊക്കെ പ്രധാനമായും എഴുതുന്നതും പ്രൈവർണ്ണിക രൂപ കണ്ടുകൊണ്ടാണ് അവരാണ് കർമ്മം ചെയ്യുന്നതും കർമ്മം ചെയ്യിക്കുന്നതും അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഒരു പ്രധാന കാര്യമായിരുന്നു വൈദികമായ കർമ്മങ്ങൾ സ്മാർത്ഥമായ കർമ്മങ്ങൾ െ നിഷേധിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് കർത്താവ് ആണെങ്കിലും കർത്താവല്ലെങ്കിലും കർത്താവിനെപ്പോലെ തോന്നും ഭോക്താവല്ലെങ്കിലും ഭോക്താവിനെപ്പോലെ തോന്നും എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് കർമ്മം ചെയ്യേണ്ട കാര്യമില്ല ആൾക്കാരെ ആ കർമ്മത്തിൽ നിന്ന് മാറ്റി തത്വജ്ഞാനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയോ ഇതൊക്കെ പറയുന്നത് അവിഷയോ അസ്മത് പ്രത്യോ അസുഖത്തിലുള്ള ആത്മാവ് വിഷയമാകത്തില്ല അത് ജ്ഞാനസ്വരൂപമാണ് അതിന് ജ്ഞാനത്തിന് വിഷയമാകത്തില്ല എങ്കിലും അസ്മപ്രത്യ വിഷയമില്ല ഞാനെന്നുള്ള ബോധത്തിന് വിഷയം എന്നത് പോല പോലെന്ന് പറയാൻ കാരണം ഞാൻ എന്നുള്ള ആ വിഷയ ആ ബോധത്തിന് വിഷയമാകുന്നു എന്നുള്ള ഒരു ഭ്രാന്തി ശരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷൊരു ഭ്രാന്തിയാണ് പ്രത്യേകാത്മാവിടെ അന്വേഷിക്കണം പ്രത്യേകാത്മാ ജീവഭാവം ആപന്നയത്മാവ് വാസ്തവത്തിൽ ജീവനല്ലെങ്കിലും ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാരണങ്ങളെക്കൊണ്ട് ജീവഭാവം ആബന്ധ ജീവഭാവത്തെ പ്രാപിച്ചിട്ട് പ്രത്യേകാത്മാഭാസതേ പ്രത്യേകാത്മാവ് പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആത്മാവാണ് ഞാൻ പ്രത്യേകാത്മാവാണ് പ്രത്യേക ആത്മാണി നേരത്തെ വിശദീകരിച്ച് ഇതാ തന്നെ ശരീരീന്ദ്രിയ മനോബുദ്ധി വിഷയങ്ങളിൽ നിന്നെല്ലാം തന്നെ വേർതിരിച്ചറിയാൻ കഴിയും ഞാൻ ആത്മാവാണെന്ന് പറയും അപ്പൊ ഈ അനുഭവം പോലും വാസ്തവം എന്നാണ് ഇവിടെ പറയുന്നത് ഉദാഹരണം പറയുന്നു അഭൈവ ആകാശം പോലെ ആകാശത്തിന പ്രത്യേകത എന്താണ് ഘട മണിക മല്ലികാന്ദ്യഅച്ചേദേന ഭിന്നമിവ അനേകവിധർമ്മ നിവേദി ആകാശം എങ്ങനെയാണ് ഘടം മണിക മല്ലിക തുടങ്ങിയ വിഭിന്ന പാത്രങ്ങൾ ആ പാത്രങ്ങൾ എന്ന് പറയുന്ന അവച്ഛേദേദ ഉപാധി ഭേദം കൊണ്ട് അവരുടെ ഉപാധി പലതരത്തിലുള്ള പാത്രങ്ങൾ വലുതും ചെറുതുമായിട്ടുള്ള പാത്രങ്ങളാകുന്ന ഉപാധി കൊണ്ട് നഭയിവ ഉപാധി ഭേദേന ഉപാധികളുടെ ഭേദം കൊണ്ട് ആകാശം എന്ത് ചെയ്യുന്നു ഭിന്നമിവ ഭിന്ന ഭിന്ന ആകാശം വാറത്തിന്റെ അകത്തിരിക്കുന്ന ആകാശം വേറെ ഉരുളിയുടെ അകത്തിരിക്കുന്ന ആകാശം വേറെ കലത്തിന്റെ അകത്തിരിക്കുന്ന ആകാശം വേറെ ചട്ടിക്കകത്തിരിക്കുന്ന ആകാശം വേറെ ഇങ്ങനെ പഴയകാലത്തെ പല പാത്രങ്ങളെയാണ് കൂടെ കടം മണിക മണ്ടിക എന്നൊക്കെ ചട്ടിയും കലവും വാറപ്പും എന്നൊക്കെ പറയുമ്പോൾ ഭിന്ന വിവാഹം എന്തുകൊണ്ട് അതെല്ലാം വ്യത്യസ്ത അളവിലുള്ളത് അപ്പൊ അതിന്റെ അകത്തുള്ള ആകാശം വ്യത്യസ്ത അളവിലാണെന്ന് നമുക്ക് തോന്നും അവസ്ഥ ആകാശത്തിനങ്ങനെ പരിമിതിയുന്നുണ്ട് ആകാശമൊന്നാണ് പക്ഷെ നമുക്കങ്ങനെ തോന്നുന്നു അനുഭവപ്പെടുന്നു അതുപോലെയാണ് സർവവ്യാപിയായിരിക്കുന്ന സർവ്വ ആധാരമായിരിക്കുന്ന ബ്രഹ്മം ഈ പറയുന്ന ഉപാധികൾ ശരീരം ചെയ്യുന്ന മനസ്സിൽ തുടങ്ങിയ ഉപാധികൾ ഉള്ളതുകൊണ്ട് ജീവരൂപത്തിലായിട്ട് ഞാൻ വേറെ നീ വേറെ ഈശ്വരൻ വേറെ ഇങ്ങനെയൊക്കെ അറിയുന്നു അനേകവിധ കർമ്മങ്ങളും ഓരോ ജീവന്മാരും ഓരോ തരത്തിലിരിക്കും ബാഹ്യമായും ആന്തരികമായും പുറമും നോയിക്കഴിഞ്ഞാൽ പുരുഷനായി സ്ത്രീയായി ഭർത്തവനായും വെളുത്തവനായിരിക്കും ആന്തരികമായും നോയിക്കഴിഞ്ഞാൽ ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതും കോപമുള്ളതും കോപമില്ലാത്തവും സ്നേഹമുള്ളവൻ സ്നേഹമില്ലാത്തവൻ ഇങ്ങനെ ആന്തരികമായൊരു അനേകവിധ തർക്കങ്ങൾ ഇതിനെല്ലാം കാരണം എന്താണ് അവിദ്യ അവിദ്യ കൊണ്ട് കല്പിക്കപ്പെട്ട ഉപാധി അവിദ്യ എന്ന് പറയുന്ന മൂല കാരണം ഈ ശരീരം എല്ലാം പറയുന്ന എന്ത് എന്താണ് ആത്മാവിന് അവിദ്യ കൊണ്ട് കല്പിക്കപ്പെട്ട ഉപാധികളാണ് ചിലടത്ത് ഇതിനെ അവിദ്യ എന്ന് പറയും കാര്യകാരണങ്ങൾ അഭേദമായി മൺപാത്രത്തെ നമ്മൾ പാത്രത്തെ നമ്മൾ എന്തു പറയും മണ്ണെന്ന് പറയും അതുപോലെ ശരീരത്തെയും പറ്റും ചിലടത്ത് അവിദ്യ അഭേദമായി തരാൻ പാസ്തോട്ട് അവിദ്യ കൊണ്ട് കല്പിക്കപ്പെട്ടതാണ് ശരീര ഇപ്പോ ആത്മാവ് വിഷയമാണ് സമ്മതിച്ചത് പക്ഷെ അത് അവിദ്യ കൊണ്ടുള്ള വിഷയമാകലാണ് ചോദിച്ച ആത്മാവ് അതിന്റെ പൂർണ്ണതയും വിഷയമാകൽ ആത്മാവ് വിഷയമാകുന്ന അപൂർണമായിട്ടാണ് ചിതേകരസ്യ ആത്മന ചിതംസേ ഗ്രഹീത അഗ്രഹീതം ഇനി ആത്മാവെന്ന് പറയുന്ന എന്താണ് ചിതേകരസം ചിതേകസ്വഭാവം ചിതേകസ്വരൂപമാണ് അറിവാണ് അംഗീകരിക്കുന്നു ആത്മാവെന്ന് വെച്ചാൽ അറിവായിരിക്കുന്ന ആത്മാവിനെ അറിയുന്നു ഞാൻ അറിയുന്നു വിഷയമാണെന്നാണെന്ന് പറഞ്ഞ ആവിദ്യ കൊണ്ടാണെങ്കിൽ അറിയുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവിടെ അറിയപ്പെടാത്തതായിരുന്നു ശേഷിക്കാൻ പാടില്ല എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നുകൊണ്ട് അത് അറിവാണ് പറയുന്നത് എന്താണ് ഞാൻ ആത്മാവിനെ അറിവായറിയു അറിവിനെ അറിവായറിഞ്ഞി അറിയാനൊന്നും ശേഷിക്കുന്നില്ല അപ്പൊ എന്തുകൊണ്ട് ആത്മാവ് മുറിഞ്ഞറിവാണ് ആത്മാവിനറിവായറി ആത്മാവിനെ പൂർണമായി അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും അധ്വരി എന്നാണ് പറയുന്നത് നഹേ ചിത് ഏകരസ്യാത്മന ചിത് ഏകസ്വഭാവമായിട്ടുള്ള സ്വരൂപമായിട്ടുള്ള ആത്മന ചിതംസ ആത്മാവിന്റെ ചിതംസത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഗൃഹീതങ്കിന്റെ അസ്തിരിക്കാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിന് പറയുന്നത് സിദാനന്ദ അറിവ് മാത്രമല്ല പിന്നെ എന്താണ് സത്താണ് പിന്നെന്താണ് ആനന്ദവുമാണ് ചിത്താണ് പക്ഷിതേത രസം എന്ന് വെച്ചാൽ അറിവായിരിക്കുന്നു ആണെങ്കിൽ ഞാൻ അറിവാണെന്ന് അറിഞ്ഞു പിന്നെ അറിയാനൊന്നുമില്ല അറിവിനെ അറിവെന്ന് കഴിഞ്ഞാൽ പിന്നെ പക്ഷേ ആനന്ദവും സത്തും മതവും അപ്പോ ആത്മാവന് ആനന്ദമായും സത്തായും അറിയരുത് അതാണല്ലോ ആത്മാവ് ആനന്ദസ്വരൂപം എന്നാണ് ജീവികൾ പറയുന്നത് അത് വേണ്ട മാത്രല്ല ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് വിഭവാണ് സർവവ്യാപിയാണ് ഞാനിപ്പോ പറയുന്നു ഞാൻ ആത്മാവാണ് ഞാൻ അറിവാണ് എന്നെ അറിയുന്നു അറിവായി ഞാൻ എന്നെ അറിയുന്നു അപ്പൊ ഈ അറിവാണെങ്കിൽ ഇത് വിഭു സർവ്വവ്യാപിയാണ് ഞാനിപ്പോ എന്നെ സർവ്വവ്യാപിയാണെന്ന് അറിയുന്നുണ്ട് കേട്ട് പറഞ്ഞ പറ ആരെ പറയുന്നു കേട്ടിട്ട് എനിക്ക് സ്വയം അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ സർവവ്യാപിയാണ് മറിച്ച് അങ്ങനെ ഞാൻ പരിച്ചിന്തിനാണ് ഞാൻ എന്താ ഈ ശരീരം അങ്ങനെ എനിക്ക് അനുഭവം അല്ല ഞാൻ സർവവ്യാപിയാണെന്ന് ആർക്കും അനുഭവം ഇല്ല ഇതാണിപ്പോൾ ആകാശത്തെ നോക്കും ആകാശത്തെ നോക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്നു ആകാശം സർവവ്യാപിക കുറഞ്ഞ വർഷം നമ്മുടെ ചുറ്റെങ്കിലും വ്യാപിച്ചിട്ടില്ല നമ്മൾ കാണുന്നിടത്തെ ആകാശം വ്യാപിച്ചിട്ടില്ല വളരെ ദുരിക്ക് വ്യാപിച്ചിരുന്നു ഇതുപോലെ തന്നെ കുറിച്ച് ഞാൻ അറിവാണെന്നറിയുമ്പോൾ ഞാൻ എല്ലായിടത്തേയും വ്യാപിച്ചിരിക്കുന്നു അറിവുണ്ടപ്പോ ആത്മാവ് സത്യദാനെന്നുവാണെങ്കിൽ ഈ അറിവൊക്കെ അതുപോലെ തന്നെ ഞാനിപ്പോ അറിയുന്നു ഞാൻ അറിവാണ് സംഭവിച്ചു പക്ഷെ ഞാൻ ആനന്ദമാണ് എന്നറിയുന്നുണ്ട് ഇതാണ് അങ്ങനൊരാൾക്ക് അറിവ് പിന്നെ അയാൾക്ക് ഒരിക്കലും ഞാൻ ദുഃഖിയാണെന്ന് പറയാൻ പറ്റും താണ്ടെ സ്വയം ആണെന്നുണ്ടെങ്കിൽ പിന്നെ തനിക്കങ്ങനെ ദുഃഖം വരും ഇവിടെ അവരോക്ഷനുകൂടെ കാര്യമില്ല പറയുന്നത് ഞാൻ അറിവ് എന്ന് പറയുന്നത് ആണ് അപരോക്ഷം അല്ല വേറെ ഒരു അപരോഷം ആത്മാവ് സ്വയമാണെന്ത് അപരോക്ഷം അല്ലാതെ ആത്മാവിനെ അറിയുന്ന അറിവല്ല അവരോഷം ആത്മാവ് സ്വയം തന്നെ എന്താണ് അവരോഷം അപ്പോ എന്തുകൊണ്ട് ആത്മാവ് അറിവാണ് അപ്പൊ ഞാൻ അപരോക്ഷമായ ആത്മാവാണെന്നറിയുന്നു അപ്പൊ അത് അറിവിന്റെ ആത്മാവിന്റെ യഥാർത്ഥമായൊരു അറിവാണ് ഞാനതാണെന്ന് തന്നെ ഒരാൾ പറയുന്നു അങ്ങനെ അറിയുമ്പോ അതേ അറിവ് തന്നെ ആത്മാവ് തന്നെ ആനന്ദരൂപമാണ് അപ്പൊ ഞാൻ ആനന്ദമാണെന്നപ്പോ അറിയണ്ടതല്ലേ അതാണ് ചോദിക്കുന്നത് അല്ല അതിന് അപരോക്ഷം ഞാൻ സമാധിയൊന്നും വേണം ഇപ്പോഴത്തെ കാര്യം ചോദിക്കേണ്ടത് ഞാനൂടെ ചോദ്യം ചിതേകരസ്യമാരൂപമാണ് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛത്തിനെ അറിഞ്ഞു കഴിഞ്ഞ് ഗ്രഹീതേ അഗ്രഹീതം അറിയാനൊന്നുമില്ല അച്യുതന്ന ഖലു ആനന്ദ നിത്യത്വ വിഭൂത്വാദയോ അസ്യ ചിത്ര വസ്തുത ഭിത്യേ ഗ്രഹേന ഗ്രഹീർ പറയുന്നു ആനന്ദം നിത്യത്വം നിപുത്വം ഇതെല്ലാം ആത്മാവാണല്ലോ അച്ചിത്തം എന്ന് പറഞ്ഞ് ചിത്രത്തിൽ നിന്ന് വേറെ അല്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിത്തമാണ് ആത്മാവെങ്കിലും ആനന്ദമാണ് ഇത് ആനന്ദം ചിത്തിൽ നിന്ന് വേറെയാകത്തില്ല അതങ്ങനെ വേറെയാകും കാരണം ഏകസ്വഭാവം എന്ന് പറഞ്ഞാൽ ആനന്ദംന്ന് പറഞ്ഞാൽ അത് തന്നെ ചിത്ത് തന്നെയാണ് ആനന്ദത്തിൽ നിന്ന് വേറെ ഏകാ വഴിയില്ല വിഭവ അത് ആ ചിത്ത് തന്നെയാണ് നിത്യത്വം അത് ആ ചിത്ത് തന്നെയാണ് അസ്യ ആത്മാവിന്റെ ചിത്രൂപ അച്ന്ന് വസ്തുതോന് വിദ്യന്റെ പരമാർത്ഥത്തിൽ ഇതൊന്നും വേറെ എന്തുകൊണ്ടത് ആത്മാവാണ് സ്വയം സച്ചിതാണ് സച്ചിതാണെങ്കിൽ ചിത്തായിട്ട് തന്നെ അറിയുമ്പോൾ ആനന്ദമായിട്ട് അറിയ കാരണം ആനന്ദം ചിത്തിൽ നിന്നും വേറെ അല്ല അറിയുന്നുണ്ടോ ഇതാണ് ചോദിച്ചത് അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത് ആത്മാ സച്യദാനന്ദമെന്ന് പറയുന്നു ഈ സച്ചിദാനന്ദം വേറെ വേറെ ആണോ അതൊന്നാണ് ഇതാണ് ഇവിടുത്തെ ചോദ്യം ആത്മാവ് സച്ചിദാനന്ദമെന്ന് പറയുമ്പോൾ സച് സത്ത് ചിത്ത് ആനന്ദം മൂന്നെണ്ണം ആണ് അതൊന്നാണ് ഒന്നാണെങ്കിൽ ചിത്ത് അറിവ് എന്ന് പറഞ്ഞാൽ അതിന് വേറിട്ടൊരാനം ഇല്ല വേറൊക്കെ ഒരു സത്തില്ല വേറൊരു ദിഗത്വം ഇല്ല വ്യാപിത്വം ഇല്ല എന്ന് പറയേണ്ടി വരും അതാണ് സിദ്ധാന്തം ഇതെല്ലാം ഒന്നു തന്നെയാണ് പക്ഷേ ഇപ്പോ അറിയുന്നത് താൻ തന്നെ ആനന്ദമായിട്ടുള്ള അറിയുന്നു തന്നെ അറിയുന്നത് എന്താണ് അറിവായിട്ടാണ് അറിയുന്നവൻ അറിവ് ഇങ്ങനെ അറിയുന്നു അപ്പൊ ഒന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആനന്ദമായിട്ടറിയുന്നില്ല അങ്ങനെ ആനന്ദമായിട്ടറിഞ്ഞ പിന്നെ അവന് ദുഃഖമില്ല തന്നെ അറിവെന്ന് അറിയുന്നു അപ്പോ അതാണ് പറയുന്നത് അഹം ഇരുളല്ല തന്നെ അറിവായിട്ട് അറിയുന്നോണ്ട് തന്നെ ഇരുട്ടായിട്ടറിയുന്നു അറിവില്ലായ്മയായിട്ട് അറിയുന്നു അറിവായി അറിയുന്നോണ്ടാണ് തന്നെ ഒരു ഇരുട്ടായിട്ടല്ല അറിയുന്നത് അന്ധകാരമായിട്ടല്ല അറിയുന്നത് വെളിച്ചമായിട്ട് വെളിച്ചം എന്ന് വെച്ചാൽ അറിവായിട്ട് തെരുട്ടെന്ന് പറയുമ്പോൾ അറിവില്ലായ്മയായിട്ട് അങ്ങനെയല്ല അറിയുന്നത് മഹാവിരളിലെ ഇരുളാകിൽ അന്ധരായ നാം മഹാമഹമെന്നറിയാതിരുന്നില്ല അങ്ങനെ ഒരു ഇരുട്ടായിരുന്നു എനിക്ക് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുമായിരുന്നില്ല അറിവില്ലായ്മയായിരുന്നു പക്ഷെ ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകുന്നു <inaudible> ീ കാര്യമാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ഞാൻ അറിവായതുകൊണ്ട് അങ്ങനെ പിന്നെ ആനന്ദമൊന്നും ബോധം ഉണ്ടാകാറുണ്ട് കാരണം വേറെ ഇല്ലല്ലോ ആനന്ദം അറിവല്ലേ ആനന്ദം അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ആനന്ദമാണെന്നുള്ള ബോധത്തിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആനന്ദമാണെന്നുള്ള ഒരു ബോധത്തിൽ ഇരുന്നാൽ പിന്നെ ഒരിക്കലും തനിക്ക് ദുഃഖം നിരാശ ഒന്നും വരാൻ പാടില്ല എപ്പോഴും ആനന്ദ തന്നെ പിന്നെ അവൻ ആനന്ദത്തെ നേടുന്നതിനുള്ള പ്രവൃത്തി ഇവിടെയൊന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ ദുഃഖിയായിട്ടൊക്കെ ഇല്ലായിരിക്കുക പ്രശ്നം അതാണ് ഖലൂ ആനന്ദ നിത്യത്വ വിപുത്വതയോ ആനന്ദം നിത്യത്വം വിപുത്വം അസ്യ ആത്മനഹം ചിത്രൂപ ആത്മാവിന്റെ ആ ചിദ്രൂപം ജ്ഞാനസ്വരൂപത്തിൽ നിന്ന് വസ്തുതോവിദ്യ വാസ്തവത്തി വേറെയല്ല അപ്പൊ അവിടെ മൂന്നെണ്ണമില്ല ഒന്നേ ഉള്ളൂ അല്ലെങ്കിൽ നാലില്ല ഒന്നേ ഉള്ളൂ തദ്ഗ്രന ഗ്രഹീര അതുകൊണ്ട് അറിവാകുന്ന തന്നെ സ്വരൂപത്തെ അറിഞ്ഞപ്പോൾ ആനന്ദത്തെ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അറിവും ആനന്ദം അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അറിവും മികുത്വം ഒന്നു തന്നെ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അറിവും ഉമ്മയെ ഒന്ന് അതാണ് തദ്ഗ്രഹയെ തദ്ഗ്രഹേന്ന് വെച്ചാൽ അച്ദ്രൂപത്തെ ഗ്രഹിച്ചു ആനന്ദം ത്വം നിത്യത്വം വിധുത്വം ഒന്നും ഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാ ഗ്രഹിക്കുന്നു തന്നെ പറയേണ്ടി വരും പിന്നെ എന്താ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ആനന്ദം എന്ന് അറിയുന്നില്ല പറയുന്നു ഗ്രഹീതായവതു കല്പിതേന ഭേദേന വിവേചിതായവ ആ ഭാന്തി ഇവിടെയാണ് പ്രശ്നം പറയുന്നു ഈ ചിത്രരൂപത്തെ അറിയുമ്പോൾ തന്റെ അറിവാകുന്ന സ്വരൂപത്തെ അറിയുമ്പോൾ ആനന്ദത്തെ അറിയുന്നുണ്ട് പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ അറിവ് വേറെ ആനന്ദം വേറെ ഇങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുന്നു അറിവിനായ അറിയുമ്പോൾ അറിവ് ആനന്ദമാണ് സത്യമാണ് അറിവിനെ അറിയുന്നു ആനന്ദത്തെ അറിയുന്നു സത്യം അറിയുന്നുണ്ട് പക്ഷെ അറിവിൽ നിന്ന് വേർതിരിച്ച് റിയാൻ പറ്റുന്നു ആനന്ദത്തെ പറയുന്നു അറിവ് ആനന്ദം ഒന്നാണെങ്കിൽ പിന്നെങ്ങനെ വേർതിരിച്ചറിയും പറ്റുന്നില്ല എന്നെന്തുകൊണ്ട് പറയും അറിവും ആനന്ദം ഒന്നാണ് അപ്പൊ അറിവിൽ നിന്ന് വേറിട്ട് ആനന്ദത്തെ അറിയാൻ പറ്റും അറിവും ആനന്ദം ഒന്നാണെങ്കിലും അറിവിൽ നിന്ന് വേറിട്ട് ആനന്ദത്തെ അറിയാൻ പറ്റും പിന്നെ അറിവിൽ നിന്ന് വേറിട്ട് ആനന്ദത്തെ അറിയുന്നില്ല എന്നെന്തിന് പറയും അങ്ങനെ കഴിയത്തില്ലല്ലോ അതാണ് പറയുന്നത് എന്താണ് ഇവിടെ അവിദ്യ ഉള്ളത് കൊണ്ട് അറിവിൽ നിന്ന് വേറിട്ട് എന്നുവെച്ചാൽ കല്പിതമായ ഒരു ഭേദത്തിലൂടെ ആനന്ദം വേറെ എന്നറിയാൻ പറ്റത്തില്ല ഒരു കല്പിത ഭേദമുണ്ടെങ്കിൽ അവിദ്യ കൊണ്ട് ഒരു ഭേദത്തെ കൽപ്പിച്ച അറിവ് വേറെ ആനന്ദം വേറെ എന്നറിയാൻ അങ്ങനെ എന്താണ് കല്പിത ഭേദം കൊണ്ട് അറിവിൽ നിന്നും വേറിട്ട് ആനന്ദത്തെ അറിയാൻ കഴിയുന്നില്ല അത് അറിയാൻ പറ്റുന്നില്ല അവിദ്യയുള്ളതുകൊണ്ട് അറിയണ്ടാണ് പക്ഷെ അങ്ങനെ അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അറിവിനോട് അഭേദ്യമായി എല്ലാത്തിനെ അറിയുന്നു അതുകൊണ്ട് അറിവ് അങ്ങനെ അറിയാൻ പറ്റുന്നുള്ളു ആനന്ദം എന്നറിയാൻ ില്ല അറിയണമെങ്കിൽ അവിടെ ഒരു ഭേദം കല്പിക്കുന്നു കാരണം വാസ്തവത്തിൽ അറിവിനെന്ന് ഭിന്നം അല്ലല്ലോ ആനന്ദം ആനന്ദം അറിവിനെന്നും ഭിന്നം പിന്നെ അല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അറിവ് തന്നെയാണന്ത് ആനന്ദ് ഇനി അറിവ് വേറെ ആനന്ദം വേണം എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം കൽപ്പിക്കണം ആ വിദ്യ അത് നടക്കുന്നുണ്ട് ആ ഇതുകൊണ്ട് അങ്ങനെ കൽപ്പിക്കാൻ പറ്റുന്നില്ല രണ്ടും ഒന്നായതുകൊണ്ട് അനന്തവും അറിവും ഒന്നായതുകൊണ്ടൊന്നാണ് അങ്ങനെ കൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നാൽ അത് അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ പറയാൻ പറ്റും ആ വിദ്യ ഉള്ളതുകൊണ്ട് നഖലവും ആനന്ദ നിത്യത്വ വിഭുത്വാതെയോ ആനന്ദം നിത്യത്വം വിഭുത്വം തുടങ്ങിയ കാര്യങ്ങൾ ഇതല്ല അതുപോലെ വിഭു ആണെന്ന് അറിയാൻ പറ്റുന്നില്ല ആനന്ദം എന്നറിയാൻ പറ്റുന്നില്ല അശിച് വസ്തുതോ ന വിദ്യൻ്റെ അതൊന്നും ആച്ഛുദ്രൂപത്തിനൊന്നും വേറെയല്ല എങ്കിലും എന്ത് വരുന്നു ഗ്രഹീതായവതു ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നുണ്ട് ഒരാൾ അറിവിനെ അറിയുമ്പോ ആനന്ദത്തെ അറിയുന്നുണ്ട് സത്യത്തെ അറിയുന്നുണ്ട് വ്യക്തത്വത്തെ അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഗ്രഹീതായവതു കല്പിതേന ഭേദേന എന്നാ വിവേചിത അവിടെ കല്പിത ഭേദം കൊണ്ട് വേർതിരിച്ചറിയുന്നുണ്ട് എന്നാ വിവേചിതാ വേർതിരിക്കപ്പെടുന്നുണ്ട് എന്ത് എന്താണോ എന്താണ് വേളതിരിക്കപ്പെടാത്തത് സത്ത് ആനന്ദം വിഭുത്വം ചിത്ത് ഇങ്ങനെയൊന്നും വേർതിരിക്കാൻ പറ്റുന്നില്ല ഈ അനുഭവത്തിൽ അതാണ് കൽപ്പിതേനെ വേർതിരിക്കണമെങ്കിൽ കല്പ്യത ഭേദം വേണം നല്ല വേദിരിക്കാൻ പറ്റും കാരണം ആനന്ദവും ചിത്തും ഒന്നാണെങ്കിൽ അങ്ങനെ വേർതിരിക്കണം വേർതിരിക്കാൻ വേണ്ടി ഒരു കൽപ്പിത ഭേദമല്ല പക്ഷെ അങ്ങനെ ഒരു കല്പിത ഭേദം കൊണ്ട് വേർതിരിക്കാൻ കഴിയുന്നില്ല എന്നാൽ വിവേചിതായി അഗൃഹീതായി വാ ഭാന്തി അതുകൊണ്ട് നമുക്കിങ്ങനെ അനുഭവപ്പെടുകയാണ് ഇതിനെ ഒന്നും ഞാൻ അറിയുന്നില്ല ആനന്ദത്തെ അറിയുന്നില്ല ബിഹുത്വത്തെ അറിയുന്നില്ല നിത്യത്വ അറിയുന്നില്ല അങ്ങനെയാണ് ആ അനുഭവപ്പെടുന്നത് അഗ്രഹീതായവഭാന്തി എന്ന് പറഞ്ഞാൽ ഗ്രഹീത ഇവ ന ഭാന്തി വേർതിരിച്ചറിയുന്നില്ല പരസ്പരം വേർതിരിച്ച് അറിയുന്നില്ല അഗ്രഹീതായിവ ആഭാന്തി വേർതിരിച്ചറിയുന്നില്ല എല്ലാം കൂടെ ഒന്നായിട്ട് അറിയാൻ പറ്റുന്നു എന്തുകൊണ്ടങ്ങനെ ഒന്നായിട്ടറിയുന്നു അവിദ്യ ഇതാണ് അവിടുത്തെ പ്രധാനമായ സുഖം എന്താണോ അറിയുന്നു എന്നുവെച്ചാ ഈ അറിവിനെ അറിയുമ്പോ ആനന്ദത്തെയും നിത്യത്വത്തെയും വിഭൂത്തെയും എല്ലാം അറിയുന്നുണ്ട് പക്ഷെ വേട്തിരിച്ചറിയാൻ പറ്റുന്നില്ല വേട്തിരിച്ചറിയാൻ പറ്റുന്നില്ല ഭേദത്തെ അവിടെ കൽപ്പിച്ച് വേദിതിരിച്ചറിയണം വേദിച്ചെറിയണമെങ്കിൽ ഭേദത്തെ കല്പിക്കണം ഒന്നായ തന്നെ രണ്ടായറിയണമെങ്കിൽ ഭേദത്തെ കല്പിക്കണം ഭേദത്തെ കൽപ്പിച്ചിട്ടറിയണം പക്ഷെ അങ്ങനെ ഭേദത്തെ കല്പിച്ചറിയാൻ പറ്റുന്നില്ല എന്തു കൊണ്ടത് കല്പിച്ചറിയാൻ പറ്റുന്നില്ല ഒന്നായിരിക്കുന്നതിന് അതിനും അവിദ്യ വേണം എന്തുകൊണ്ട് വാസ്തവത്തെ തമ്മിൽ ഭേദമില്ല പരസ്പര ഭേദമില്ല അതൊന്നു തന്നെ എന്നാലും പക്ഷെ വേറെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ അറിയുന്നു റിയുന്നുണ്ടെന്നാണ് കേവലം ചിത്തായിട്ട് അറിയുന്നുള്ളു ആനന്ദമായി അറിയുന്നു അവിദ്യ അടങ്ങുവന്നിട്ട് തന്നെ രണ്ടാക്കുന്നില്ല എന്നർത്ഥം ഒന്നായിട്ട് അറിയുന്നുള്ളു